എന്നാൽ തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ കാരണം അവർക്കൊരു വിപത്ത് ബാധിച്ചാൽ പിന്നെ അവർ അള്ളാഹു സുബഹാനഹൂവത്താല നാമത്തിൽ സത്യം ചെയ്ത് നിന്റെ അടുക്കൽ വരും നാം നന്മയും യോജിപ്പും മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നവർ പറയും